ം രണ്ട് ഏഴാം മാസം ഇരുപത്തൊന്നാം തീയതി ഹക്കായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ നീ യഹൂദ ദേശാധിപതിയായി ഷെയൽപിയേലിന്റെ മകനായ സെരുബാബേലിനോടും മഹാപുരോഹിതനായി യഹോ മകനായ യോശുവയോടും ജനത്തിൽ ശേഷിപ്പുള്ളവരോടും പറയേണ്ടതെന്തെന്നാൽ നിങ്ങളിൽ ഈ ആലയത്തെ അതിന്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്കെന്തു തോന്നുന്നു ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ ഇപ്പോഴോ സെരുബാബലെ ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട് മഹാപുരോഹിതനായി യഹോ മകനായ യോശുവെ ധൈര്യപ്പെടുക ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്വീനെന്ന് യഹോവയുടെ അരിലപ്പാട് ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ എന്ന് ഹോവയുടെ നിങ്ങൾ മിശ്രമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർപ്പീൻ എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയേയും കടലിനെയും കരയേയും ഇളക്കും ഞാൻ സകല ജാതികളെയും ഇളക്കും സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കുമെന്ന് സൈന്യങ്ങളുടെ ഹോവ അരുളിച്ചെയ്യുന്നു വെള്ളി എനിക്കുള്ളത് പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ ഹോവയുടെ അരുളപ്പാട് ഈ ആലയത്തിന്റെ ഭിന്നത്ത മുമ്പലത്തേതിലും വലുതായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ ഹോവ അരുളി ചെയ്യുന്നു ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകുമെന്ന് സൈന്യങ്ങളുടെ ഹോവയുടെ ദാരിയാവേശിന്റെ രണ്ടാം ആണ്ട് ഒമ്പതാം മാസം ഇരുപത്തിനാലാം തീയതി ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു നിങ്ങൾ പുരോഹിതന്മാരോട് ന്യായപ്രമാണത്തെക്കുറിച്ച് ചോദിക്കേണ്ടതെന്തെന്നാൽ ഒരുത്തൻ തന്റെ വസ്ത്രത്തിന്റെ കോന്തലയ്ക്കൽ വിശുദ്ധ മാംസം വഹിച്ചു ആ കോന്തല കൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ ഏതെങ്കിലും ഒരു ഭക്ഷണ തൊട്ടാൽ അത് വിശുദ്ധമാകുമോ അതിന് പുരോഹിതന്മാർ ഇല്ല എന്നുത്തരം പറഞ്ഞു എന്നാൽ ഹഗായി ശവത്താൽ അശുദ്ധനായ ഒരുത്തൻ അവയിൽ ഒന്ന് തൊടുന്നുവെങ്കിൽ അത് അശുദ്ധമാകുമോ എന്ന് ചോദിച്ചതിന് അത് അശുദ്ധമാകുമെന്ന് പുരോഹിതന്മാർ ഉത്തരം പറഞ്ഞു അതിന് ഹഗായി ഉത്തരം പറഞ്ഞതെന്തെന്നാൽ അങ്ങനെ ഈ ജനവും അങ്ങനെ ഈ ജാതിയും എന്റെ സന്നദ്ധിയിലാകുന്നു എന്ന് ഈ അരുളപ്പാട് അവരുടെ കൈകളുടെ പ്രവൃത്തിയൊക്കെയും അങ്ങനെ അവർ അവിടെ അർപ്പിക്കുന്നതും അശുദ്ധമത്രെ ആകയാൽ നിങ്ങൾ ഇന്നു തൊട്ട് പിന്നോക്കം യഹോവയുടെ മന്ദിരത്തിങ്കൽ കല്ലിന്മേൽ കല്ലുവെച്ചതിന് മുമ്പുള്ള കാലം വിചാരിച്ചു ആ കാലത്ത് ഒരുത്തൻ ഇരുപത് പറയുള്ള കൂമ്പാരത്തിലേക്ക് ചെല്ലുമ്പോൾ പത്തു മാത്രമേ കാണുകയുള്ളൂ ഒരുത്തൻ അമ്പത് പാത്രം കോരുവാൻ ചക്കാലയിൽ ചെല്ലുമ്പോൾ ഇരുപതു മാത്രമേ കാണുകയുള്ളൂ വെൺകതിരും വിഷമഞ്ഞും കൽമഴയും കൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൈകളുടെ സകല പ്രവർത്തികളിലും ദണ്ണിപ്പിച്ചു എങ്കിലും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവിയുടെ അരുളപ്പാട് നിങ്ങൾ ഇന്നു തൊട്ട് മുമ്പോട്ട് ദൃഷ്ടിവയ്ക്കുവിൻ ഒൻപതാം മാസം ഇരുപത്തിനാലാം തീയതി മുതൽ യഹോവിയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടിവയ്ക്കുവിൻ വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ മുന്തിരിവള്ളിയും അതിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ ഇന്നുമുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഇരുപത്തിനാലാം തീയതി യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം ഹഗായിക്കുണ്ടായതെന്തെന്നാൽ നീ യഹൂദ ദേശാധിപതിയായ സെരു ബാബേലിനോട് ഞാൻ ആകാശത്തെയും ഭൂമിയേയും ഇളക്കും ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും ജാതികളുടെ രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചുകളും ഞാൻ രഥത്തെയും അതിൽ കയറി ഓടിക്കുന്നവരെയും മറിച്ചുകളയും കുതിരകളും പുറത്തു കയറി ഓടിക്കുന്നവരും ഓരോരുത്തൻ താൻ തന്റെ സഹോദരന്റെ വാളിനാൽ വീഴും അന്നാളിൽ സൈന്യങ്ങളുടെ ഹോവിയുടെ അരുളപ്പാട് എന്റെ ദാസനായി ഷെയൽത്തേലിന്റെ മകനായ സിരു ഞാൻ നിന്നെ എടുത്ത് മുദ്ര മുദ്രമോദരമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്